ശ്രീമുഖി ശാസ്ത്രീ സംവേതാവശ്വരസംഭാസ് ബിഠൗറൗാണാഞു avezവൗ ശളിട fringeിയട najleേ Roth contributions. വരുണം പരസാര ഭഗവു ബ്രമേതിസ്ോവാചം പ്രാണം ചുത്രം മനോവാചമ യിുമാനി ഭൂതന്തിയ ജാതീവേ യുസംശന്തിജിജ്ഞാസസ്വ തേതി തപ്പോവതപ്യത സപത ീരി പരമുപസാര ഗോ ബ്രഹീവാച തജിജാസ തീ സോതപ്യത സ്പ്രാണോ ബ്രമേ വ്യജനാണവഘലിമാനി ഭൂതന്തി ീതിരുണം പരീക്ഷ ഭഗവോ ബ്രഹ്മോവാച തജിജാസ തോബ്രഹി സത്തപ്പോതപ്യത മനോബ്രമേ വ്യജാ മനസോഹുമാനി ഭൂത മനസാതീവേ മനഃ പ്രേന്ത്സംശന്തതിന് तविज्ञाया, ണം മുപ്പസാര മധി ഭഗവോ ബ്രഹ്മ തംഭോവാച തപസ ബ്രഹ്മജിജ്ഞാസസ്വ തീ സോ അതപ്യത സ തപ്പ വിം ബ്രഹ്മേതി വ്യജന വിജ്ഞാദ്യമാനി ഭൂതേ വിജ്ഞാന ജാതീവ്ഞാനം പ്രയന്ത്യശന്ത തദ്യവർണം പീതരമുസാരംഭവു ബ്രഹ്മി തംഭോവാച തപ്പസ ബ്രഹ്മസോ തലിമാനി ഭൂത ആനന്ദേന ജാതീ സത്യം ജ്ഞാനം ആനന്ദം ബ്രഹ്മ ആകാശാതികാരം കാര്യം അന്നമയാദം സൃഷ്ടനുപ്രവിഷ്ടവപലഭ്യമാനം ശുഭുഭേ കാരംഭക ിയുടെ മുഴുവൻ താല്പര്യവും ഭാഷകാരൻ പറഞ്ഞിരിക്കുകയാണ് ആനന്ദവല്ലിയിൽ എന്താണ് ചർച്ച ചെയ്തത് പ്രധാനമായിട്ടും പറഞ്ഞാൽ എന്താണ് സത്യം അനന്തം ബ്രഹ്മ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ സത്യമാണ് ആകാശാന്തിയും അന്നമയാന്തം സൃഷ്ട സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ ആകാശം തുടങ്ങി ഈ അന്നമയാന്തം വരെയുള്ള കാര്യത്തെ സൃഷ്ടിച്ചു തദ്വ അനുപ്രവിഷ്ടം ആ സൃഷ്ടിച്ചവൻ തന്നെ അതിലേക്ക് പ്രവേശിച്ചു സൃഷ്ടിച്ചവൻ അനുപ്രവേശിച്ചു അവിടെ പറയുന്നു വിശേഷ്യമാണ് സി സി കർത്താവ് എന്നെ കുറിച്ച് ചിന്തിക്കുമ്പോ ഇവിടെയും ഛാന്തോകൃത്തിൽ പറയും സദേവ സോമേതീയം ബ്രഹ്മ ഇവിടെ സത്യജ്ഞാനം അനന്തം ബ്രഹ്മുവിടെ ഏകമേവദ് അത് സൃഷ്ടിച്ചു ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കൽ നുസരിച്ച് ആ സൃഷ്ടിയുടെ ഫലം എന്താണോ അതാണ് വിശേഷം ഇവ ഉപലഭ്യമാണ് എന്തോ മാറ്റം സംഭവിച്ചത് പോലെ അനുഭവപ്പെടുന്നുണ്ട് സൃഷ്ടിക്ക് ശേഷം വാസ്തവത്തിലൊരു മാറ്റം സംഭവിച്ചിട്ടില്ല ആർക്കും ഈ സൃഷ്ടികർത്താവണം പരമാർത്ഥത്തിൽ മാറ്റം സംഭവിക്കില്ല കാരണം അത് ഏകരൂപമാണ് അദ്വയമാണ് മാറ്റം സംഭവിക്കാൻ വഴിയില്ല പക്ഷെ വിശേഷ ഉപലഭ്യമാനം എന്തോ മാറ്റം സംഭവിച്ചത് പോലെ എന്തൊക്കെ വിശേഷങ്ങളാണ് സംഭവിച്ചത് ഈ പ്രപഞ്ചാനുഭവം അത് സൃഷ്ടിയുടെ ഫലം അതിനെ തുടർന്ന് വരുന്ന കർത്തൃത്വഭോക്തൃത്വഭാവങ്ങൾ ശരീര ബോധം ശരീരാഭിമാനം ബന്ധമോക്ഷങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം ഈശ്വരൻ സൃഷ്ടി സ്ഥിതി സംഹാരം ഇത്തരം കൽപ്പനകൾ ഇതാണ് വിശേഷ ഉപലഭ്യമാണ് ഇതെങ്ങനെ സംഭവിച്ചു സൃഷ്ടിയിൽ സ്വയം അനുപ്രവേശിച്ചപ്പോൾ സ്വയം സൃഷ്ടിച്ചു അതിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ സൃഷ്ടിയിലുള്ള പ്രവേശം പറയുന്നത് എന്താണ് സൃഷ്ടിയോട് തദാന്വപ്പെടുന്നത് ഇതുകൊണ്ട് ഇത് ഭാഷയകാരനൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്ന അനുസരിച്ച് മുമ്പ് ഇവിടെ ഈ ഇവിടെ നിന്നാണ് ഈ സൃഷ്ടി ആരംഭിച്ചത് എവിടെയാണ് സൃഷ്ടി അനുഭവപ്പെടുന്ന ആരാണ് സൃഷ്ടികർത്താവ് സൃഷ്ടികർത്താവിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാണ് യേശ സർവജ്ഞ യേശ സർവീശ്വര യേശ അന്തര്യാമി ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ പറയുന്നു ന്തര്യാമിയാണ് എന്തായാലും തനിക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല ഈ സൃഷ്ടിയോട് താതപ്പെട്ടിരിക്കുന്ന തനിക്ക് ഇതൊന്നും സൃഷ്ടിക്കാൻ കഴിയില്ല പക്ഷേ സർവേശ്വരനായിരിക്കുന്നവൻ സർവജ്ഞനായിരിക്കുന്നവരോവനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു സർവേശ്വരനും സർവജ്ഞനുമായിരിക്കുന്നവൻ ആ നിലയിൽ നിന്ന് സൃഷ്ടിച്ചതാണ് ഈ ജാഗ്രസ്വപ്നം അപ്പൊ സൃഷ്ടി എവിടെ നിന്ന് ആരംഭിച്ചു സുഷുപ്തിർവേശ്വരനും സർവജ്ഞനുമായിരിക്കുന്ന ആത്മാവ് മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്താണ് അവിടെ നിന്ന് അപ്പൊ സൃഷ്ടിന്ന് പറയുന്നത് എന്താണ് ഈ ജാഗ്ര സ്വപ്നങ്ങളിൽ അതല്ലാതെ സൃഷ്ടി അപ്പൊ സൃഷ്ടി കടത്താവ ഈശ്വരനും ഇരിക്കുന്നവൻ അപ്പൊ സൃഷ്ടി സൃഷ്ടിക്കുന്ന മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് സുഷുതിയും ജാഗ്രത സ്വപ്നങ്ങളാണ് ഇതാണ് പുനിഷത്തിൽ പറയുന്ന ആകാശാധിഭൂതങ്ങളുടെ സൃഷ്ടി എന്ന് പറയുന്നത് എന്നാൽ മാത്രമേ ഈ അനുപ്രവേശം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അല്ല നമ്മൾ കൽപ്പിക്കുകയാണ് ഒരു ഈശ്വരൻ ഏതോ ഒരു ഈശ്വരൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചു എന്നിട്ട് ആ ഈശ്വരൻ ഇതിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം സർവജ്ഞനും സർവദേശ്വരനുമായിരിക്കുന്ന ആ ഈശ്വരൻ വന്നിട്ട് ഈ അൽപ്പജ്ഞനും പരിച്ഛിന്നനുമാകുക എന്ന് പറയുന്നത് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് മറ്റ് ദ്വൈത ദർശനങ്ങളിലെല്ലാം ഈശ്വരനെപ്പോഴും വേറെ മാറ്റിത്തന്നെ നടത്തുന്നു ഈശ്വരൻ ഒരു ന്യൂനത സംഭവിച്ചിട്ടില്ല ഈശ്വരൻ എവിടെയിരുന്നു സൃഷ്ടിക്കുന്നു സൂര്യനെ സൃഷ്ടിച്ചു ചന്ദ്രനെ സൃഷ്ടിച്ചു പകലിനെ സൃഷ്ടിച്ചു രാത്രി സൃഷ്ടിച്ചു എന്നെല്ലാം പറഞ്ഞു അവിടെ സൃഷ്ടിക്കുന്ന ഈശ്വരൻ വേറെ മാറിയിരിക്കുകയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ സൃഷ്ടിക്കുന്നവൻ ഈ സൃഷ്ടിയിൽ നിന്നും മാറിയിരിക്കുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് സാധാരണ അദ്വൈതത്തിൽ മാത്രമേ അത് പറയാറുള്ളൂ ജാഗ്രസ്വപ്നങ്ങൾക്ക് കാരണമായിരിക്കുന്നു സുഷുതി പറയും അദ്വൈതത്തിൽ മാത്രമേ അത് പറയാൻ കഴിയൂ അതുകൊണ്ട് സുഷുദ്ധി കാരണരൂപത്തിൽ എന്ന് പറയുന്നു കാരണരൂപത്തിൽ എന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടികർത്താവോ അല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അർത്ഥത്തിലല്ലോ പക്ഷെ ഇതിനൊരു കാരണം വേണമല്ലോ നമ്മൾ യുക്തി യുക്തമായി ചിന്തിക്കുമ്പോൾ അവിടെ നിന്നാണ് ഇതെല്ലാം പ്രകടമായത് അവിടെ സൃഷ്ടികർത്താവ് സർവജ്ഞനായും സർവേശ്വരനായും ഇരുന്നു എന്നാൽ മാത്രമേ ഇതിൽ അനുപ്രവേശ സാധ്യമാകൂ അത് സർവജീവന്മാരുടെ അനുഭവമാണ് എന്താണോ ിയ ഞാൻ തന്നെ ഉണർന്നു ഇതെല്ലാം അനുഭവിക്കുന്നു അവിടെ ആരാണോ ഉണ്ടായിരുന്നത് അയാൾ തന്നെയാണിപ്പോൾ ഇതിനോടെല്ലാം താരതമ്യപ്പെട്ട് വിശേഷ ദിവ എന്തോ മാറ്റങ്ങൾ സംഭവിച്ചതുപോലെ ഉപലഭ്യമാനം അനുഭവപ്പെടുന്നു ഇതാണ് സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം അതാണ് ഈ ജാഗ്ര സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് സർവകാര്യവിലണം അദൃശ്യാതിധർമ്മം ആനന്ദം തീർച്ചയായി വിചാരിയാ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കണം ഈ സർവകാര്യ വിലക്ഷണം എന്തൊക്കെ ഇവിടെ സൃഷ്ടി സംഭവിച്ചോ അതിൽ നിന്നെല്ലാം സദാ മാറി നിൽക്കുന്നത് അദൃശ്യാതിധർമ്മം അതിനെങ്ങനെ വിശേഷിപ്പിക്കുകയും അത് അദൃശ്യമാണ് അചിന്യം അദൃശ്യം അപ്രമേയം അതാണ് സുഷിത്വത്തെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഒന്നു മാത്രം നിഷേധിക്കാൻ കഴിയുന്നില്ല മറിച്ച് അതിന്നതാണ് എന്നതിനെ അറിയാൻ കഴിയുന്നില്ല അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് അപ്രാപ്തി മനസ്സാ സഹ ബുദ്ധി അവിടെ പ്രവർത്തിക്കുന്നില്ല അദൃശ്യാതി ധർമ്മകം ജൈവ ആനന്ദം ഈ സൃഷ്ടി സൃഷ്ടിയോടുള്ള ഈ താതാത്മ്യം അതിനെ തുടർന്ന് വരുന്ന ദ്വന്ദ്വാത്മക അനുഭവം ഇതൊന്നുമില്ല എങ്കിൽ അതാണ് ആനന്ദം പരമ ആനന്ദ ആനന്ദ ഖന എന്നെല്ലാം പറയും അത് ആ സുഷുപ്തനായ താൻ തന്നെയാണ് അല്ല വേറെ ആനന്ദമില്ല ഇതെല്ലാം അവസാനിച്ചാൽ അതാനന്ദ ഒരു വലിയ ഭാരം എടുത്തു വെച്ചു കഴിഞ്ഞാൽ ആ ഭാരം ദുഃഖത്തിൽ ഉണ്ടാക്കും ഭാരം താഴെ ഇറക്കിയാലോ അതാനന്ദം ഈ ജാഗ്രത സ്വപ്നങ്ങൾ പറയുന്ന ഒരു ഭാരമാണ് സുഹൃത്തി ഈ ഭാരം ഇറക്കി വയ്ക്കുന്നു ആനന്ദം തദേവാഹം ഇതിവാഹം മനസ്സിലാക്കണം ഇവിടെ ഭാഷകാരന്മാർ ഇവിടെ തത്വം പദങ്ങളുടെ അർത്ഥത്തെ നിർണയിക്കുകയാണ് അവിടെ പറഞ്ഞ എന്താണ് തത് ം അസി വളരെ ലളിതമായി അത് മനസ്സിലാക്കാം അവിടെ അങ്ങനെ ഭാഷകാരൻ വിശദീകരിക്കുന്നുണ്ട് അതിന് മനസ്സിലാക്കുന്നതിന് പല പ്രക്രിയകളും സർവജ്ഞനും സർവശക്തനുമായ ഈശ്വരൻ അല്പജ്ഞനും ആയ ജീവൻ അതിന് രണ്ട് ഉപാധികൾ ഉപാധികളെ നിഷേധിക്കുക അത് ലക്ഷണാവൃത്തിയിലൂടെ ലക്ഷ്യാർത്ഥത്തെ ഗ്രഹിക്കുക ഇത്തരം സങ്കീർണമായ പ്രക്രിയകളുണ്ട് അതുകൂടാതെ അത് ലളിതമായി എങ്ങനെ തത് അത് ഇവിടെ അതെന്ന് പറയാൻ ഒന്നേ ഉള്ളൂ എന്താണോ ജാഗ്രത സ്വപ്നങ്ങൾക്ക് അപ്പുറം ഏതിനാണോ യേശ സർവജ്ഞ യേശ സർവീശ്വര യേശ അന്തര്യാമി യേശയോനി എന്ന് പറഞ്ഞ അതാണ് തത്ത് അല്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ സങ്കല്പത്തിൽ വരുന്ന അല്ല സുഷുപ്തൻ ആയിരുന്നവൻ ഈ ജാഗ്രത്തിലേക്ക് വരുന്നതിൽ വരുന്നവൻ അതാണ് തത്ത് തത് തുമ്മസി അത് നീ ഇപ്പോ ഈ ഉണർന്നിരിക്കുന്നവൻ നീ അതാണ് മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യമാണ് അങ്ങനെ ഭക്ഷ്യക്കാരൻ വ്യാഖ്യാനിക്കുന്നുണ്ട് അവിടെ ഈ ജഹൽലക്ഷണ ജഹൽലക്ഷണ ജഹദ് അജഹ ഇങ്ങനെയുള്ള ചർച്ചകളൊന്നുമില്ല അങ്ങനെ ഒരു കാര്യമേ അവിടെ പരാമർശിക്കുന്നുണ്ട് സദേവസ്വാമി ദ്ര ആസിൻപ് സത്തായിരുന്നു മുമ്പ് എപ്പോ ഇതെല്ലാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനും മുമ്പ് സുഷു താൻ സുപ്തനായിരുന്നപ്പോൾ സത്തേവോ സത്തു മാത്രം എന്താ സത്തെന്ന് പറയുന്നത് നിഷേധിക്കാൻ കഴിയുന്നില്ല അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നതെനിക്ക് പറയാൻ കഴിയുന്നില്ല അവിടെ നിന്ന് ഇവിടെ വന്നു ഇപ്പോ ഞാനായി ഞാൻ ശരീരമായി അല്ലെങ്കിൽ എൻ്റെ ശരീരമായി എൻ്റെ മുമ്പിൽ പ്രപഞ്ചമായി അത് ത്വം ഈ ഞാൻ ഇതൊന്നുമില്ലാത്ത അതാണ് തത്ത് എന്നാനവിടെ ലളിതമായി ബോധിപ്പിക്കുന്നു ഈ അനുപ്രവേശം സംഭവിച്ചത് ഒന്നുമ്പോളെന്താ അതിൻ്റെ പ്രയോജനം അത് അടുത്ത ഭാഷകാലം പറയുന്നു അനുപ്രവേശ തദർത്ഥത്വ തതയവഹം ഇത് വിജാനീയ ഈ അനുപ്രവേശം എന്തിനു വേണ്ടി ചോദിക്കും ആത്മാവ് നിർഗുണനും നിത്യമുക്ത സിദ്ധനുമാണെങ്കിൽ എന്തിനു വേണ്ടി ഈ പ്രപഞ്ച സൃഷ്ടി ഇതെല്ലാം എന്തിനു ഈ സംസാരം എങ്ങനെ ഉണ്ടായി എന്തിനുണ്ടായി അതിന് സമാധാനവും കൂടെ ഭാഷകാരം പറയുന്നത് അനുപ്രവേശ തദർത്ഥത്വ അനുപ്രവേശം കൊണ്ട് ഒരു ഗുണമുണ്ടാകും എന്താണ് തദൈവഹം ഇത് വിചാരിക്കുക അത് തന്നെയാണെന്ന് താനെന്ന് അറിയാൻ കഴിയുന്നു അതാണ് എൻ്റെ ഒരു വിശേഷം അതവിടെ അറിയാൻ പറ്റുന്നില്ല അവിടെ സതേവ കേവലം സത്തായിരുന്ന സമയത്ത് കേവലം ആത്മസ്വരൂപമായിരുന്ന സമയത്ത് തതേവാഹം ഞാൻ തന്നെയാണത് എന്നറിവുണ്ടാകുന്നില്ല അതിൻ്റെ ആവശ്യം വരുന്നില്ല എന്തുകൊണ്ട് അവിടെ അനുപ്രവേശമില്ല പ്രപഞ്ചമില്ല സംസാരമില്ല ബന്ധനമില്ല ഈ താതാത്മി ഭാവമില്ല ദന്ദ് അതുകൊണ്ട് തദവഹം എന്നറിയാൻ അവിടെ കഴിയുന്നില്ല പക്ഷെ ഇതറിയണം അതിനുവേണ്ടി അനുപ്രവേശം നടത്തി എന്നാ ഇവിടെ അറിയുന്നു ഈ ജാഗ്രത വരുമ്പോ ഈ അനുപ്രവേശത്തിന് ശേഷം സുഷുപ്തിയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഇവിടെ മറ്റെല്ലാം വരുന്നു ുരുവരുന്നു ശാസ്ത്രം വരുന്നു ഉപദേശം വരുന്നു ശ്രവണമനനങ്ങൾ വരുന്നു മറ്റ് സാധനങ്ങൾ വരുന്നു എല്ലാത്തിന്റെ ആത്യന്തികമായ ഫലം എന്താണോ തദേവാഹം പറഞ്ഞ അദൃശ്യാദിധർമ്മം പരമാനന്ദം അതാണ് താൻ എന്ന് അറിയുന്നു അതറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടിയും അനുപ്രവേശവും അപ്പൊ ഇത് നിഷ്പ്രയോജനമല്ല ഇതിനൊരു പ്രയോജനം ഉണ്ട് അതിലു യുക്തിയും ഉണ്ട് അവിടെ ഇതറിയാൻ കഴിഞ്ഞില്ല അവിടെ ഏകമായി തന്നെ ഇരുന്നു ഏകമായി ഇരുന്ന ആരാണ് സത്യ ആനന്ദം സത്യജ്ഞാനം അനന്തമാണ് അത് ചിസ്വരൂപമാണ് ആനന്ദരൂപമാണ് അപ്പോ അവിടെ ഒരു ഒരു പോരായ്മ ഉണ്ടായിരുന്നു എന്താണ് ഇതിനറിയാതിരിക്കുക അത് പരിഹരിക്കാൻ വേണ്ടി വീണ്ടും അതുതന്നെ സൃഷ്ടിച്ചു അത് അനുപ്രവേശം നടത്തി തദർത്ഥത്വ തദ്ദേഹം എന്നിവിടെ അറിയുന്നത് തിന്റെ ഫലം എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതാണ് അതെന്താ അങ്ങനെ അതാ ചിത്തിന്റെ സ്വഭാവമാണ് അതിന് സത്തായിട്ട് തന്നെ ഇരിക്കാം സത്തായിട്ട് ഇരിക്കാം പക്ഷേ തത്തായിട്ടിരുന്നിട്ട് അത് പോരാ ചെത്തിന്റെ ഒരു സ്വഭാവവിശേഷം അതിന് ഇതെല്ലാം ആകണം എന്നിട്ട് ഇവിടെ ഇരുന്നതറിയും തനത്താണ് ആരെങ്കിൽ ഇതിനെയെല്ലാം നിരാകരിക്കുന്നു വീണ്ടും തിരിച്ചു പോയാലോ തിരിച്ചു പോയാൽ സത്തേവ വീണ്ടും സത്തായി തന്നെ പിന്നെ നമുക്ക് ചോദിക്കാൻ കഴിയില്ല ആത്മജ്ഞാനി ഉറങ്ങിയാല ജ്ഞാനിയാകുമോ അത് ചോദിക്കാൻ കഴിയത്തില്ല അവിടെ ജ്ഞാനിയോ അജ്ഞാനിയോ ഒന്നും ആവേണ്ട കാര്യമില്ല ആവശ്യമില്ല അവിടെ എന്തുകൊണ്ട് സദേവ കേസത്ത് മാത്രമായിരുന്നു ഇവിടെ ഈ ജാഗ്രതത്തിലാണ് ഒരാൾക്ക് ജ്ഞാനിയാകാനും അജ്ഞാനിയാകാനും എല്ലാം കഴിയും ഇവിടെ രണ്ടും കഴിഞ്ഞു ഇവിടെ അജ്ഞാനിയായി തിരിച്ചു പോയാൽ അവിടെ കേവല സത്ത് മാത്രം ഇവിടെ ജ്ഞാനി വേണ്ട അജ്ഞാനീ വന്ന മടങ്ങി വരുമ്പോഴോ വീണ്ടും അജ്ഞാനിയായി ഇരിക്കുന്നു ഇവിടെ ജ്ഞാനിയായി മടങ്ങിപ്പോയാലോ വീണ്ടും അവിടെ സത്ത് മാത്രം ജ്ഞാനിയുമല്ല അജ്ഞാനിയും വല്ല അതുകൊണ്ട് വേറൊരു തരത്തിൽ പറയും എന്താണോ ഈ സൃഷ്ടി എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ ഒരു വിനോദമാണ് എന്ന് പറയും അത് നിർവചിക്കാൻ കഴിയാത്ത കൊണ്ടാണ് നമ്മുടെ ജീവന്റെ ബുദ്ധി അനുസരിച്ച് നോക്കുമ്പോ ജീവബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഇതിനൊരു തമാശാനങ്ങളിലൊരു വിനോദം എന്നേ പറയാൻ കഴിയും ഇതില്ലാതിരുന്നൂടെ എന്ന് ചോദിക്കാമല്ലോ കേവലം സത്തായി തന്നെ ഇരുന്നൂടെ പോരാ വീണ്ടും ഇതിലേക്ക് വരുന്നു അനുപ്രവേശം സംഭവിക്കുന്നു ഇവിടെ തദ്ദേഹം ആസൂത്ഥനായിരുന്നവൻ തന്നെ ഇവിടെ എനിക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ ബന്ധനം മുക്കറൊന്നും ആയിട്ടില്ല എന്നറിയുന്നു വീണ്ടും തിരിച്ചു പോകുന്നു അതാണ് ജ്ഞാനവും മുക്തിയും തദർത്ഥത്വ അനുപ്രവേശിച്ച അനുപ്രവേശം അതിനു വേണ്ടിയിട്ടാണ് തസ്യവം വിജാനത അതുകൊണ്ട് ഇങ്ങനെ അറിയുന്നവന് ശുഭാശുഭേ കർമ്മണി ജന്മാന്തരാരംഭേ അതാണ് എന്റെ പ്രയോജനം ഫലം ശുഭാശുഭകർമ്മങ്ങൾ ഈ ശുഭാശുഭകർമ്മങ്ങളെല്ലാം ഇവിടെ കാണും ഈ കാണുന്നു മുമ്പോ സുഷൃത്തിയിലോ കേവനെ സത്ത് മാത്രമായിരുന്നു അവിടെ ഈ ശുഭാശുഭകർമ്മങ്ങളില്ല ജന്മാന്തരങ്ങളല്ല ജന്മാന്തരത്തിന് കാരണങ്ങളല്ല തതേവാഹം ഞാൻ അത് തന്നെയാണ് എന്നറിയുന്നവന് ഇവിടത്തെ ഈ ശുഭാശുഭകർമ്മങ്ങളില്ല പൂർണ്ണമായിട്ടുമില്ല കാരണം അവിടേതില്ലല്ലോ ആ സത്തായിരുന്നവന് ഈ ശുഭാശുഭകർമ്മങ്ങളില്ല അതാണ് ബോധ്യം വരും പിന്നെ ഇത് താൻ അതാണെങ്കിൽ ഇവിടെ അതെങ്ങനെ ഉണ്ടാകും അതാണ് തത്വജ്ഞന്മാന്തര ആരംഭങ്ങളായ ശുഭാശുഭകർമ്മങ്ങൾ ഇല്ല ഇത്യേകം ആനന്ദവല്യാം വിവക്ഷിതോർത്ഥം ഇതാണ് ആനന്ദവല്യയിൽ വിവക്ഷിതമായ അർത്ഥം എന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ താല്പര്യം അതാണ് അർത്ഥം ഈ ശ്രുതി വായിക്കുമ്പോൾ ഓരോരുത്തരുടെ ഈ സംസ്കാരമനുസരിച്ച് അവർക്ക് ഓരോ അർത്ഥം തോന്നും ആ ഓരോ അർത്ഥത്തിനാണ് നമ്മൾ പേരിടുന്നത് ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം ഇങ്ങനെ പല പേരുകളും ഇടുന്നത് പറയുന്നത് ഇതിൻ്റെ പരവമായ താല്പര്യം ബന്ധം മോക്ഷം ആത്മാവ് അനാത്മാവ് എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം അജ്ഞാനം താല്പര്യം ഇതാണ് ചുരുക്കി പറഞ്ഞിരിക്കുന്നു താല്പര്യം മനസ്സിലാക്കിയാൽ പിന്നെന്താണ് പരിസമാപ്താശ ബ്രഹ്മവിദ്യ ബ്രഹ്മവിദ്യ ഇവിടെ അവസാനിച്ചു എന്ന് പറയാം ഓരോ വല്ല അവസാനിക്കുകയാണ് വീണ്ടും അത് എന്നുള്ള തത്വത്തിന്റെ പരമായ സ്ഥിതി ഇവിടെ വെളിപ്പെടുത്തി അതപ്പരം ബ്രഹ്മവിദ്യാ സാധനം തപോവക്തവ്യം അടുത്തും ബ്രഹ്മത്തെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ടോ പക്ഷെ അടുത്ത് പ്രാധാന്യം ബ്രഹ്മവിദ്യയുടെ സാധനമായ തപസ്സിനാണ് അടുത്ത് അച്ഛൻ മകൻ ഉപദേശിക്കുന്നു അതിനു അച്ഛൻ മകൻ ഉപദേശിച്ചതന്നെ പക്ഷെ അവിടെ മകനെ ബോധിച്ചില്ല ബോധിച്ചില്ലെങ്കിൽ എന്ത് വേണം തപസ് തപസ്സുകൂടാ സാധ്യമുണ്ട് അത് എന്തെങ്കിലും തപസ് വരാ ബ്രഹ്മവിദ്യക്ക് സാധനമായ തപസ് വേണം അതുകൂടെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ആ തപസ്സെന്ന് പറയുന്നത് ശിഷ്യന്റെ ഭാഗത്തുനിന്ന് ഉപദേശം എന്ന് ഗുരുവിന്റെ ഭാഗത്തുനിന്ന് ഗുരുവിന്റെ ഭാഗത്ത് നിന്ന് ഉപദേശം പൂർത്തിയായി പക്ഷെ ശിഷ്യന്റെ ഭാഗത്ത് ഫലം കാണാനില്ല അത് എന്നും ഒരുപോലെ അന്നും ഇന്ന് ഏത് കാലത്തും അങ്ങനെയാണ് അപ്പൊ നമ്മളെപ്പോഴും അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ആ പോരായ്മകളെ പരിഹരിക്കണം തപോവക്തവ്യം അതുകൊണ്ട് അന്നാദി വിഷയമാണ് ഉപാസനാനി ഉത്താനി അന്നാദി വിഷയങ്ങളെ കുറിച്ചുള്ള ഉപാസനകൾ ഇവിടെ പറയുന്നു അന്നം പ്രാണൻ മനസ്സ് ആനന്ദം ഇത്രയും വിഷയങ്ങളെ കുറിച്ചുള്ള ഉപാസന ഉപാസന നമ്മൾ ധരിക്കുന്നതുപോലെ മണിയിടിക്കുന്നതും ദീപാരാധന കാണിക്കുന്നതും ഒന്നുമല്ല അത് മറ്റു തരത്തിലുള്ള ഉപാസനകൾ ഇവിടെ അതല്ല ഇവിടെ ഉപാസന എന്ന് പറയുന്നതും മനനം തന്നെ വീണ്ടും ഇത്തരം സങ്കേതങ്ങളെ ആശ്രയിച്ചുള്ള മനനം വീണ്ടും തുടരുന്നു ഇതമാരംഭ അതിനു വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഭാഗങ്ങൾ പറയുന്നത് ഇവിടെ ആത്മവിദ്യയോട് അടുത്തുവരുന്ന ഭാഗങ്ങളിൽ ആത്മമനനം തന്നെ ഉപാസന എന്ന് പറയുന്നു അതിനോട് അകന്നു വരുമ്പോൾ ഉപാസനകൾക്ക് വ്യത്യാസമുണ്ട് കർമ്മങ്ങൾ കർമ്മങ്ങളോട് ചേർന്ന് വരുന്ന ഉപാസനകളുണ്ട് രണ്ട് തരത്തിലാണ് ശ്രുതിയിൽ ഉപാസനകൾ ഒന്ന് ആത്മവിദ്യയോട് ചേർന്ന് ഉപാസന അത് ആത്മമനനം തന്നെ കൊണ്ട് സാധിക്കാത്തത് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള മനനം ചിലത് കർമ്മങ്ങളോട് ചേർന്ന് വരുന്ന അത് ആ കർമ്മത്തിന്റെ ഫലത്തെ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്യാനം എടുത്തുപാസന എന്താണെന്ന് അടുത്ത് പറയുന്നു പക്ഷെ ആഖ്യായിക വിദ്യാസ്തയെ ഇതൊരു കഥയാണ് പക്ഷേ കാലം ഇതിന് കഥയെന്നേ പറയുന്നു മൃഗം എന്ന് പറയുന്ന പിതാവും മൃഗം എന്ന് പറയുന്നൊരു പുത്രനും പറയുന്ന പിതാവും പറയുന്നു ഉണ്ടായിരിക്കുകയില്ലായിരിക്കാം പക്ഷെ ഇതിന് കഥ ഏറ്റെടുത്താണ് ഇതിനാരൂപത്തിൽ അവതരിപ്പിക്കുന്നത് വിദ്യാസ്തുതിയെ വിദ്യസ്തുതിക്കുന്നതിന് വേണ്ടി എങ്ങനെ പ്രിയായ പുത്രായ പിത്ര മുക്ത ഒരു പിതാവിനെ സംബന്ധിച്ച് ഏറ്റവും പ്രിയനായിരിക്കുന്നത് പുത്രനാണ് ഇപ്പൊ പിതാവ് പുത്രന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തന്റെ പുത്ര പിതാവ് ഉപദേശിച്ചത് പുത്രന്റെ ആത്യന്തികമായ ക്ഷേമത്തിന് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് പിതാവ് പുത്രന് ഉപദേശിച്ചാണെങ്കിൽ ഇതൊരു ജീവന് എത്രമാത്രം ശ്രേയസ്കരമാണ് ഏതൊരു ജീവനും ഇത് ആത്മകല്യാണത്തിനായി സ്വീകരിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഉപായമാണ് എന്നിങ്ങനെ വിദ്യ സ്തുതിക്കുകയാണ് അതിനുവേണ്ടിയിട്ട് കഥ പറയുന്നു പിതാവ് പുത്രൻ ഉപദേശിച്ചു ഭൃഗു വൈ വാരുണിഹി വൈശബ്ദ പ്രസിദ്ധ അനുസ്മാരവും ഭൃഗുരി ദൈവനാമ പ്രസിദ്ധോ അനുസ്മാരി മുമ്പ് ഭൃഗു എന്ന് പറയുന്നൊരു ഋഷിയുണ്ടായിരുന്നു അത് വാരുണിയാണ് വരുണന്റെ പുത്രനാണ് ർ വരുണപത്യം വരുണർ അതുകൊണ്ട് അവന് വരുണി എന്നും പേരുണ്ട് വരുണം പിതരം ബ്രഹ്മ വിജിജ്ഞാസുഹു ഉപസാര ഉപഗതവാൻ അവന് ബ്രഹ്മം എന്താണ് അറിയണമെന്നാഗ്രഹമുണ്ടായി താൻ ആരാണെന്നറിയാൻ ആഗ്രഹമുണ്ടായി അവൻ വിദ്വാനായ തന്റെ പിതാവിനെ തന്നെ സമീപിച്ചു എന്നിട്ടെന്തു പറഞ്ഞു ഭഗവു എന്താണ് ബ്രഹ്മം എന്നെ ഉപദേശിച്ചാൽ നീത്യന മന്ത്രേൺ സ ച പിതാവിധിവസനായ തസ്മൈ പുത്രായ ഏതത് വചനം പ്രവാച അ പിതാവ് വിധിവത് ഉപസന്നായ വിധിപ്രകാരം തന്നെ സമീപിച്ചത് ഗുരു ഉപസത്തി ഗുരുവിനെ പ്രാപിക്കുക അവിടെ എല്ലായിടത്തും പിതാവൃത്തിക്കും ഭക്ഷണം വിധിവത് വിധിപ്രകാരം സമീപിക്കണം വിധിപ്രകാരം എന്ന് പറയുമ്പോൾ ആ സത്യത്തെ അറിയുന്നതിനുള്ള ജിജ്ഞാസയോടുകൂടി ആയിരിക്കണം അവിടെ മറ്റ് താല്പര്യങ്ങളൊന്നും പാടില്ല വിധിവത് ബസന്നായ ഗുരുവിനെ സമീപിക്കുന്നത് അതിനുവേണ്ടി മാത്രം തസ്മൈ പുത്ര ഏത് വചനം പുനെ തന്നെ സമീപിച്ച ആ പുത്തനോട് എന്താണ് പിതാവ് പറഞ്ഞത് അതിഹി ഭഗവും ബ്രഹ്മ ബ്രഹ്മ എന്താണെന്ന് തന്നെ ഉപദേശിക്കൂ പിതാവെന്താ പറഞ്ഞത് അന്നം പ്രാണം ചുസ്രോത്രം മനോവാചം ഇതാണ് ആദ്യം പറഞ്ഞത് അന്നം പ്രാണം ചക്ഷുസ്രോത്രം മനോവാചം ഇത്രയും ഈ പുത്രന് പരിചയമുള്ള കാര്യങ്ങളാണ് ആദ്യം ഇത്രയും പറഞ്ഞു ബ്രഹ്മത്തെയാണ് ചോദിച്ചത് മറുപടി പറഞ്ഞിട്ടുണ്ടോ അന്നം പ്രാണം ചക്ഷുസ്രോത്രം മനോവാചം അന്നം ശരീരം അത് ആദ്യമായിട്ടുള്ളത് ഈ അന്നം ശരീരം എന്ന് പറയുന്നത് എന്താണിത് അന്നമയമാണ് അന്നത്തിൽ നിന്നുണ്ടായതാണ് ഇവിടെ മുമ്പ് ചർച്ച ചെയ്തു അന്നമയ കോശത്തെക്കുറിച്ച് പ്രാണമയ കോശത്തെക്കുറിച്ച് പറഞ്ഞു മനോമയ കോശത്തെക്കുറിച്ച് പറഞ്ഞു ആനന്ദമയകോശത്തെ കുറിച്ച് പറഞ്ഞു അതെല്ലാം മുമ്പ് ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അന്നമെന്ന് പറയുന്നതിന് ഭക്ഷണം എന്നുള്ള അർത്ഥമുണ്ട് ആ അർത്ഥം എടുക്കുന്നതിനും ദോഷമില്ല കാരണം ഇത് ഇവിടെ വേഖനത്തിൽ പറയും അന്നം എന്ന് പറയുമ്പോൾ വിരാട് അങ്ങനെ എടുക്കാം കാരണം കേവലം ഒരു ഈ പ്രപഞ്ചം തന്നെ ഒരു ശരീരമാണ് അപ്പം പ്രപഞ്ചമാകുന്ന ശരീരത്തെ എടുക്കും അതർത്ഥപ്പെടുത്താലും ദോഷമല്ല വിഭാഷകാരൻ പറയുന്നു അന്നം ശരീരം തത് അഭ്യന്തരം ച പ്രാണം അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അത് പ്രാണം എന്താണ് അത്താരം ഭോക്താവ് അധിക്കുന്നവൻ അന്നത്തെ അധിക്കുന്നവൻ വിഷയങ്ങളെല്ലാം അധിക്കുന്നവൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവൻ പ്രാണൻ അങ്ങനെ പറയുന്നത് കാരണം ഈ പ്രാണൻ ഈ ശരീരത്തിൽ ഈ അന്നത്തിൽ നിലനിൽക്കുന്ന കാലം മാത്രമേ അവിടെ അത്താവുള്ളൂ അധിക്കുന്നവനുള്ളൂ പ്രാണൻ പോയാൽ ഇവിടെ വിഷയഗ്രഹണമില്ല അന്നഗ്രഹണവുമില്ല അതുകൊണ്ട് പ്രാണനാണ് ഇവിടുത്തെ അത്താവ് ഇതെല്ലാം ഗ്രഹിക്കുന്നവൻ എന്തിന്റെ സഹായത്തോടുകൂടി വിഷയങ്ങൾ ആഗ്രഹിക്കുന്ന ഉപലബ്ധി സാധനാനി ചക്ഷുശ്രോത്രം മനോവാചം ഇത്യേതാനി ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം പറഞ്ഞില്ല ഇത് ഉപലബ്ധി സാധനമാണ് എന്തിൻ്റെ ഉപലബ്ധി ഈ വിഷയങ്ങളുടെ ഉപലബ്ധി മന്നത്തിന്റെ ഉപലബ്ധി അത് മാത്രമല്ല ബ്രഹ്മോപലബ്ധു ദ്വാരാണ് ഈ ബ്രഹ്മോപലബ്ധിക്കും ഇത് തന്നെ ഉപായം മനസ്സില്ലാതെ മനനം ചെയ്യാൻ കഴിയില്ല ശ്രോത്രമില്ലാതെ തത്ത് ശ്രവിക്കാൻ കഴിയില്ല അപ്പോ ഏതെന്നാണോ വിഷയ ഉപലബ്ധിക്കുപായങ്ങളായിരിക്കുന്നത് അത് തന്നെ ബ്രഹ്മ ഉപലബ്ധിക്കും ഉപായങ്ങളായിരിക്കുന്നു ആദ്യ അതിനെ കുറിച്ച് പറഞ്ഞു അന്നം പ്രാണം ചക്ഷുശ്രോത്രം മനോവാചം എന്ന് പറഞ്ഞു എന്താണ് അവനെ ഓർപ്പിക്കുകയാണ് എന്താണ് ബ്രഹ്മം അതിന് ഇതെല്ലാം മനസ്സിലാക്കുക നിന്റെ ശരീരം പ്രാണം ചക്ഷുശ്രോത്രമാണ് അതിനേക്ക് എങ്ങനെ മനസ്സിലാക്കണം അത് ഇതിനകം തന്നെ അറിയാമല്ലോ ഇനി പിതാവ് ഉപദേശിക്കേണ്ട കാര്യമില്ലല്ലോ ബ്രഹ്മോപലബ്ധിക്ക് ഉള്ള ഉപായങ്ങളായി അതിനെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഇത് വിഷയക ഉപലബ്ധിക്കുള്ള ഉപായങ്ങളാണ് ആയിട്ടാണ് ഇതിനെ ധരിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഉക്വാദ്വാരൂതാനിയും ഏതാനി അന്നാദിനിയും ആദ്യം അതിനൊന്നും ഓർമ്മിപ്പിച്ചു അറിയാമെന്നുള്ള കാര്യമാണ് അറിയാത്ത കാര്യമില്ല എന്നുള്ള കാര്യത്തെ പറഞ്ഞുകൊടുക്കുമ്പോ അതിനെ ഓർമ്മിപ്പിക്കുക എന്ന് പറയും തം ഭൃഗും ഹോവാച്ച ബ്രഹ്മണോ ലക്ഷണം അത് കഴിഞ്ഞിട്ട് എന്താണ് ബ്രഹ്മം എന്ന് പറഞ്ഞു കൊടുക്കുന്നു അതിനൊരു അടയാളം പറഞ്ഞു കൊടുക്കുന്നു ഇതാണ് ബ്രഹ്മം എന്ന് നിർദ്ദേശിക്കാൻ മയ കാരണം ആ നിർദ്ദേശം അദൃശ്യം അതിനെങ്ങനെ നിർദ്ദേശിക്കും അതുകൊണ്ട് ബ്രഹ്മണോ ലക്ഷണം എന്ന് പറയുന്നു ബ്രഹ്മലക്ഷണം പറയണേ അതാണ് യദോവൂത ജായന്തി ജീവന്തി എത്രയന്തി അസി സംവിശന്തി ബ്രഹ്മസൂത്രത്തിൽ മറ്റു ധാരാളം ചർച്ച ചെയ്യുന്നതാണ് അദ്വൈത ഗ്രന്ഥങ്ങളിലെല്ലാം ഇതിനെ ബ്രഹ്മരക്ഷണമായി സ്വീകരിച്ചിരിക്കുന്നു പശുവിന്റെ ലക്ഷണം ആടയും കൊമ്പും എന്ന് പറയുന്നത് പോലെ ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞുകൊടുക്കുകയാണ് ഇതിങ്ങനെ പറയുന്നതിന് കാരണം ഈ അന്നം പ്രാണം രക്ഷസ്രോത്രം മനസ്സ് വാചം ഈ ശരീരം ഈ കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൂടെ അവൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തെയാണ് പ്രപഞ്ചമെന്ന് പറയുന്നത് എന്താ ഈ ജാഗ്രത അനുഭവം ജാഗ്രത അനുഭവത്തെയാണ് ജാഗ്രത അനുഭവം ഇതെല്ലാം അന്നം പ്രാണം ചക്ഷുശ്രോത്രം മനോവാചം ഇതെല്ലാം ഈ ജാഗ്രത ഇതെവിടെ നിന്നുണ്ടായി യഥോവ ഇതാണ് അതിന്റെ താല്പര്യം ഇമാൻ ഭൂതാന് ജായിന്തെ ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടായി എവിടെയാണോ ഇതൊന്നും ഇല്ലാതിരുന്നോ എവിടെ നിന്നുണ്ടായി വളരെ സ്പഷ്ടമാണ് ഏതൊരവസ്ഥയിലാണോ ഇതൊന്നും ഇല്ലാതിരുന്നത് അവിടെ അത് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവുന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ധാരാളം മനനം ചെയ്തതുകൊണ്ട് സുപ്തമായ സ്ഥിതിയിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഭൂതാനി ഇത് ഉണ്ടായതെവിടെ അവിടെ നിന്ന് ഇതെവിടെയാ നിലനിൽക്കുന്നത് അവിടെ തന്നെ അതിന് മാറ്റമില്ലല്ലോ ആ താൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് ഇതെല്ലാം ഒടുങ്ങുന്നതെവിടെ അത് ഇവിടെ തന്നെ എന്നിങ്ങനെ ആ തത്വത്തെ ബോധിപ്പിക്കാം മറ്റൊരു തരത്തിലും ഇതിനെ ബോധിപ്പിക്കാം എങ്ങനെ ഇത് ഈ ശരീരം പ്രാണൻ മനസ് ഇതിൽ നിന്നെല്ലാം വേറിട്ടതാണ് നിന്റെ സ്വരൂപമാണോ അതെന്താണെന്ന് എന്റെ സ്വരൂപം അത് സച്ചിദാനന്ദമാണോ എന്ന് ബോധിപ്പിക്കുമ്പോൾ അതിനെ പറയാം അത് സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതിന് സ്വരൂപ ലക്ഷണം എന്നു സാങ്കേതികമായി ചർച്ച ചെയ്യുന്നു ഇതിന് തടത്ത ലക്ഷണമെന്ന് പറയുന്നു മറ്റത് അതിനെ സ്വരൂപമായി തന്നെ ബോധിപ്പിക്കുന്നു സത്യമൊന്നും ജ്ഞാനമെന്നും അനന്ത പറയുന്ന അതിന്റെ സ്വരൂപമായിട്ടാണ് ബോധിപ്പിക്കുന്നു അതാ ശബ്ദങ്ങളുടെ അർത്ഥം അല്ലെങ്കിൽ കൂടിയും അവിടെയും ആ ശബ്ദങ്ങളുടെ ഇവിടെ തനിക്ക് അനുഭവമുണ്ട് ഈ അന്നം പ്രാണം ചുസ്രോത്രം മനോബാധം ഇതെല്ലാം തൻ്റെ പ്രത്യക്ഷമായ അനുഭവത്തിന് വിഷയമാണ് അത് മാത്രമല്ല താൻ ഇതിനെ ബോധിച്ചിരിക്കുന്ന എങ്ങനെ ഇത് ബ്രഹ്മമായിട്ടല്ല അങ്ങനെയാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യമില്ല തന്നിൽ നിന്നും മാറി നിൽക്കുന്ന ഇത് എന്തിനാണോ താൻ ഗ്രഹിക്കേണ്ടത് അതിൽ മാറി നിൽക്കുന്നു അതിന് ഇതിന്റെ അടയാളമായി പറഞ്ഞു കൊടുക്കുന്നു സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ അടയാളമായി പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞാൽ അത് മാറാതെ നിൽക്കുന്നതിന് സ്വരൂപമായി നിൽക്കുന്നതിന് ലക്ഷണമായി പറഞ്ഞാൽ അത് സ്വരൂപലക്ഷണം അതിന് സ്വരൂപലക്ഷണം എന്ന് പറയുമ്പോൾ അത് സത്ത് ചിത്ത് ആനന്ദം അത് കുറച്ചുകൂടി സൂക്ഷ്മമാണ് ഇതിനപേക്ഷിച്ച് ഇതല്ല ഭൂതാനി ഇതുവൈമാനി ഭൂതാനി ഭൂതങ്ങളെന്ന് പറയുന്ന കാര്യം വളരെ സ്പഷ്ടം തന്റെ മുമ്പിൽ കാണുന്ന കൂടുതൽ സൂക്ഷ്മമായി ബോധിപ്പിക്കുമ്പോൾ സ്വരൂപലക്ഷണത്തെ ഉപയോഗിക്കും കുറച്ചുകൂടി സ്ഥൂലബുദ്ധികൾക്ക് വേണ്ടിയിട്ട് തടസ്സ ലക്ഷണത്ത് പറയുന്നു കൂടുതൽ വ്യക്തമായും ഇവിടെ ലക്ഷണം വ്യക്തമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞു ഭൂതാനി ഇമാനി ഭൂതാനി അതാണ് ലക്ഷണം സച്ചിദാനന്ദം അവ്യക്തമായിരിക്കുന്നു സൂക്ഷ്മബുദ്ധികൾക്ക് അതിന്റെ താല്പര്യം ഗ്രഹിക്കാൻ പറ്റും അവളുടെ സ്വരൂപ ലക്ഷണത്തെ ഉത്തമന്മാർക്ക് വേണ്ടി പറയുന്നു എന്ന് പറയും യോഗ്യന്മാർക്ക് വേണ്ടിട്ട് ആരുടെ ബുദ്ധിയാണോ അത് ഗ്രഹിക്കുന്നതിന് പരിപക്വമായിരിക്കുന്ന അവർക്ക് വേണ്ടി പറയുന്നു തടസ്സലക്ഷണം സ്ഥൂലബുദ്ധിക്ക് വേണ്ടി പറയും കാരണം അത് സർവപ്രത്യക്ഷമാണ് ഇമാനുഭൂതാണ് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ഓരോ ജീവന്റെയും വ്യക്തമായ അനുഭവമാണ് സൂക്ഷ്മമായി മനനം ചെയ്താലും സ്ഥൂലമായി ബഹിർമുഖമായി മനനം ചെയ്താലും ശരി ഒരു സത്യത്തെ തന്നെ എത്തിച്ചേരും അതാണത് രണ്ട് ലക്ഷണങ്ങളുടെയും താല്പര്യം വേറെ രീതി പറഞ്ഞാൽ ഒരാൾ മനനം ചെയ്യുന്നവരുവിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അന്തർമുഖമായി മനനം ചെയ്താലും ശരി അതിനുശേഷിയുണ്ടെങ്കിൽ അയാൾ ആ തത്വത്തെ തന്നെ സാക്ഷാത്കരിക്കും ഇനി അയാൾ ബഹിർമുഖമായി മനനം ചെയ്താലും ശരി എന്നാലും ബഹിർമുഖമായും അയാൾ ഗ്രഹിക്കുന്നത് ആ തന്നെയാണ് വേറൊരു രീതിയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കാണോ പ്രതിബോധവിദ്യുതം മതം അവിടെയും മാത്രത്വം തന്നെയാണ് അവന്റെ ഇവിടെ തടസ്സരും തടസ്സം ലക്ഷ്യത്തിൽ നിന്നും അങ്ങനെ നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ് യത്തോ യസ്മാദ്വായി മാനി ബ്രഹ്മാദീനി സ്തംഭപര്യന്താനി ഭൂതാനി ജായന്തേ ബ്രഹ്മാതി സ്തംഭപര്യന്തം വരെയുള്ള ഭൂതങ്ങൾ ഏതെന്നാണ് ഉണ്ടാകുന്നത് ഇവിടെയാണ് പറയുന്നത് ഒന്ന് തൊമ്പതമനങ്ങൾ മറ്റൊന്ന് തത്പതമനനം ഇവിടെ പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വം എന്ന് പറയും തൊമ്പത മനനം എങ്ങനെയാണോ നീ ശരീരം മനസ്സ് ബുദ്ധി പ്രാണൻ ഇതിന്റെ എല്ലാം പിന്നിലുള്ള നിന്റെ സ്വരൂപം ശ്രോതാവിന്റെ സ്വരൂപം അത് സച്ചിദാനന്ദമാണോ ബോധിപ്പിക്കുമ്പോ അത് ത്വംപതമനുമായി തൊമ്പദത്തിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുന്നു തത്വം മസിന്ന് പറയുന്നത് അത് ലളിതവും അനായാസവുമായ വഴിയാണ് ഞാൻ പറയുന്നത് വേറെയുണ്ട് അനേക ഗ്രന്ഥങ്ങളുണ്ട് അത് അത് മനസ്സിലാക്കണം നേരത്തെ ബോധിപ്പിക്കുന്നു ത്വം നീ അതിൽ ഈ ശരീരവുമായി ബന്ധപ്പെട്ട് ലോകത്തിലേക്കൊന്നും കിടക്കുന്നുണ്ട് ഈ ശരീരം കാരണം ഞാൻ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇത് കേൾക്കുന്നത് അപ്പൊ ഞാൻ ആരാണെന്നാണ് എനിക്കറിയേണ്ടത് ഓഹം ഞാൻ ആരാണ് ഞാൻ ഈ ശരീരത്തിലാണ് ഇപ്പം ഭ്രമിച്ചിരിക്കുന്നത് ഞാൻ ഇതാണ് ഈ ശരീരമാണ് ഈ ശരീരത്തിൽ ലൂടെ ഞാൻ ഉപദേശത്തെ ഗ്രഹിക്കുമ്പോൾ ഇവിടെ ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം ശ്രുതി അഭിസംബോധന ചെയ്യുന്ന എങ്ങനെ ത്വം നീ എന്നാണ് ശ്രുതി നീ എന്ന് ബോധിപ്പിക്കുമ്പോ അതിനെ ഞാൻ ഞാൻ എന്ന് ഗ്രഹിക്കുന്നു അപ്പൊ നിന്റെ തത്വം എന്ന് ശ്രുതി പറയുമ്പോൾ എന്റെ തത്വം മരണം എന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു എങ്ങനെ എന്റെ ഈ താതാത്മ്യ ബോധത്തെ വിട്ടിട്ട് ശരീരം മനസ്സ് ബുദ്ധി ഇതിൽ നിന്നുള്ള ബോധത്തെ വിട്ടിട്ട് പ്രത്യേകമായി ആന്തരികമായി ആധാരമായി തന്നെ ഗ്രഹിക്കുന്നു അതെന്താണ് നീ ധരിക്കുന്നത് പോലെ ഈ ആനദുരൂപത്തിലുള്ള ഈ ശരീരം മന ഇന്ദ്രിയ സംഘാതമല്ല മറിച്ച് സച്ചിദാനന്ദ സ്വരൂപമായ പ്രത്യേകാണ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു തൊമ്പതമനങ്ങൾ പക്ഷെ അത് ബോധിച്ചു പക്ഷെ അതുകൊണ്ട് കാര്യമായിട്ടുണ്ടോ എൻ്റെ മനസ്സിൽ വീണ്ടും ഉണ്ട് ഈശ്വരൻ തുടങ്ങിയ സങ്കല്പങ്ങളുണ്ട് അതിവിധമായിട്ടെന്താ ബന്ധം പ്രപഞ്ചം അതെന്റെ മുമ്പിലുണ്ട് ി എന്റെ കാര്യം ശരിയായി മറ്റുള്ള ജീവന്മാരോ ഗുരുവോ ഞാനതാണ് പക്ഷെ ബാക്കിയുള്ളതല്ല അതിന് തത്പദം തത്പദമൻ പറയുന്നു ആ സച്ചിദാനന്ദം നീ നിന്റെ സ്വരൂപമായിരിക്കുന്ന ആ സച്ചിദാനന്ദം അത് എന്താണോ അതാകുന്നു തന്നെ കുറിച്ച് തനിക്കറിയാൻ എന്താണ് തന്നൊരുപാട് പരിമിതികളുള്ള ഈ ശരീരത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു ജീവനാണ് പക്ഷെ തന്റെ സങ്കല്പത്തിൽ ഒന്നുണ്ടെന്നാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരത്തിനെല്ലാം കാരണമായിരിക്കുന്ന തന്നെപ്പോലെ പരിച്ഛിന്നനല്ലാതിരിക്കുന്ന ഒരു തത്വം താൻ ധരിച്ചിരിക്കുന്ന എന്താണ് അതാണ് പരമാർത്ഥത്തിൽ സച്ചിദാനന്ദം തത് പഥമനണം അതിനു വേണ്ടിയിട്ട് തത്തെന്ന് നിർദ്ദേശിക്കുന്നു അതെന്താണ തത്ത് ഏതിൽ നിന്നാണോ ഇതെല്ലാം ഉണ്ടായത് ഏതിലാണോ ഇത് നിലനിൽക്കുന്നത് ഏതിലാണോ ഇതെല്ലാം ഉടങ്ങുന്നത് എന്ന് ബോധിപ്പിക്കുന്നു അതിപ്പോ താനാണെന്ന് ബോധ്യം വരുന്നില്ല തന്നിൽ നിന്നാണോ ഇതൊക്കെ ഉണ്ടായെന്ന് ബോധ്യം വരുന്നില്ല അങ്ങനെ ചിന്തിക്കാനും കഴിയില്ല അപ്പോൾ അത് തത്ത് ഒന്ന് വേറെങ്ങനെ സങ്കല്പിക്കേണ്ടി വരും അത് ഏതിൽ നിന്നാണ് അതൊക്കെ ഉണ്ടായത് വളരെ ഗണിതമായി മനസ്സിലാക്കാം യേശ സർവജ്ഞ യേശ സർവീശ്വര പ്രഭവ അപ്പ്യയൂഹി ഭൂതാന അവിടെ നിന്നാണ് ഇവിടേക്ക് വന്നത് ഈ ജാഗ്രതത്തിലേക്ക് വന്നത് ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് അതുവരെ സൃഷ്ടിയില്ലായിരുന്നു അല്ലെങ്കിൽ സൃഷ്ടിയെ കുറിച്ചുള്ള അനുഭവം ഇല്ലായിരുന്നു അവിടെ ഏകനായ അത്ത മാത്രം അത് സർവേശ്വരനായതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് സർവജ്ഞനായതുകൊണ്ടാണ് ഈ വിചിത്രമായ സൃഷ്ടി അതിന് സാധ്യമായത് അത് തനിന്ന് ദൂരെയല്ല താൻ അതായിരുന്നു അവിടെ നിന്നാണ് താൻ ഇങ്ങോട്ട് വന്നത് ആ സൃഷ്ടി തന്നെ തന്നെയാണ് സംഭവിച്ചത് താൻ തന്നെയാണ് സർവജ്ഞനും സർവേശ്വരനുമായി ഈ പ്രപഞ്ചബന്ധങ്ങളൊന്നുമില്ലാതെ സച്ചിദാനന്ദ സ്വരൂപനായിരുന്നത് അവിടെ തന്നിൽ ഇതിനെല്ലാം ശക്തിയുണ്ടായത് സർവജ്ഞതയ്ക്കും സർവ ജനീ സർവേശ്വരത്വം എല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആ അവസ്ഥ വിട്ട് ഇങ്ങോട്ട് വന്നപ്പോ അതാണ് സുപ്തമായ അവസ്ഥ അവിടെ എല്ലാം പോയി തൊമമായി അതുവരെ തത്തായിരുന്നു ഉറക്കത്തിൽ തത്ത് ജാഗ്രതത്തിൽ തൊം അതാണ് ഇത് മനസ്സിലാക്കുന്നതിന് എളുപ്പമായ വഴി അവിടെ ീ കാണുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് തനിക്ക് ശേഷിയില്ലാത്തതുകൊണ്ട് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവാദിത്വം അത്തരം ആ സുപ്തനങ്ങൾ എന്ന് പറയുന്നു കാരണ പറയുന്നു അതുകൊണ്ടാണ് അവിടെ ഒരു കാര്യം തനിക്ക് ഉറപ്പാണ് എന്താണോ അവിടെ ഇതൊന്നും ഇവിടെ അത് പ്രജ്ഞാനഘന ആയിരുന്നു അക്കാര്യം എനിക്ക് ഉറപ്പാണ് അവിടെ അറിവുണ്ടായില്ല അറിയേണ്ടതുണ്ടായി അതാണ് നിന്റെ വാസ്തുവസ്വരൂപം തും തത് അസി അതാണോ എന്ന് ബോധിപ്പിക്കുന്നതിന് അത് തത്പഥ മനനം ആ തത്പഥ മനനത്തിന് വേണ്ടിയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ തടസ്സലക്ഷണം അതാണിത് പറയുന്നത് ഇവിടെ യഥോ വായുമാനി ഭൂതാൻ എന്ന് പറയുന്നത് തത്പഥമനനത്തിന് വേണ്ടി എന്നാലേ അത് പൂർണ്ണമാകത്തുള്ളൂ അതുകൊണ്ട് പറയും അവസ്ഥാത്രയ വിശകലനത്തിലൂടെ തത്വജ്ഞാനം പൂർണ്ണമാകുന്നു അവിടെ തന്നെ തുരിയനായി ഗ്രഹിക്കുന്നു എന്നാണ് തുരിയൻ സർവാധാരമായിരിക്കുന്നവൻ അപ്പൊ ജാഗ്രത്തിനെ അവലംബിച്ചുള്ള മനനം മനനം സുഷുദ്ധിയാശ്രയിച്ചുള്ള മനനം അത് തത്പഥ മനനം എന്നിട്ടവിടെ ബോധ്യപ്പെടുന്നു സദേവ ആ സത്ത് തന്നെയാണ് അത് തന്നെയാണ് നീ എന്ന് ബോധിപ്പിക്കുന്നു ശിഷ്യനും ബോധിപ്പിക്കുന്നു തത് ം അസി നീ അത് തന്നെയാണ് നിങ്ങൾക്ക് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നിവിടെ ബോധിപ്പിക്കുന്നു അതിവിടെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോലാഹലങ്ങളെല്ലാം ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യാഖ്യാനത്തിൽ പറയും ഇത് തത്പഥ മനനത്തിന് വേണ്ടി അതും അതിന്റെ പരമ താല്പര്യം മനസ്സിലാക്കാം അതിന് വേറെ ഭാഷയിൽ പറയും സാങ്കേതിക ഭാഷയിൽ പറയും അതിന്റെ ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി തൊം തത് ഇവകളുടെ ലക്ഷ്യാർത്ഥത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ പറയുന്നു ഏന ജാതീവന്തി പ്രാണാന്ധാരയന്തി വർദ്ധന്തി വിനാശകാല പ്രയന്തി ഏതെന്തിനാണോ പ്രാപിക്കുന്നത് യത് ബ്രഹ്മ പ്രതിഗച്ഛന്തി അഭിസംബിസന്ധി താതാത്മ്യമേവ പ്രതിപദ് ഇവിടെ രണ്ട് താതാത്മ്യമാണ് സംഭവിക്കുന്നത് ഒന്ന് ഈ ജാഗ്രത താതാത്മ്യം ബഹിർമുഖമായി ശരീരാദികളോടെല്ലാം താതാത്മ്യപ്പെടുന്നു മറ്റൊന്ന് തന്റെ സ്വരൂപത്തോടുള്ള താതാത്മ്യം സ്വസ്വരൂപത്തെ താതാന്യപ്പെടുന്നു ഈ താതാത്മ്യങ്ങളെല്ലാം വിട്ടിട്ട് അങ്ങനെ പറയുന്നത് അഭിസംബിസന്ധി താതാത്മ്യമേവ പ്രതിപദ് അവിടെ ഒരു താതാത്മ്യത്തെ പ്രാപിക്കുന്നു ശ്രുതി പറഞ്ഞാണ് ഏകീഭൂത അതാണ് താതാമ്യം അവിടെ ഏകീഭൂതനായി രണ്ടെന്നൊന്ന് ഇല്ലാതെയായിത്തീർന്നു ഉത്പത്തിസ്ഥിതി ലയകാലേഷു ഏതാത്മതാം ന ജഹതി ഭൂതാനി തദ്തത് ബ്രഹ്മണോ ലക്ഷണം ബ്രഹ്മരക്ഷണത്തെക്കുറിച്ച് ഇവിടെ ഭാഷകാരം പറയുന്നു ഈ ഭൂതങ്ങൾക്ക് അത് പ്രാണികളെന്നോ പഞ്ചഭൂതങ്ങളെന്നോ ഏതെടുക്കാലും ദോഷം ഇതിന്റെ ഈ മൂന്നവസ്ഥകൾ ഉത്പത്തി ലയം അതെല്ലാം ഇവിടെ തന്നെ സംഭവിക്കുന്നു ഈ ജാഗ്രതയിൽ തന്നെ ഉത്പത്തി സ്ഥിതി ലയങ്ങൾ സംഭവിക്കുന്നു എവിടെയാണോ ഉത്പത്തി സംഭവിക്കുന്നത് അവിടെ തന്നെ ലൈവ് സംഭവിക്കുന്നു അവിടെ യഥാത്മതാം നജഹതി ഈ ഉത്പത്തിസ്ഥിതി ലയങ്ങൾ ഈ പ്രാണികൾക്ക് സംഭവിക്കുമ്പോൾ ഏതൊരു സ്വരൂപത്തെയാണോ അതിന് വിടാൻ കഴിയാതിരിക്കുന്നത് ഇവിടെ ജാഗ്രതയിലേക്ക് വരുന്നു ഇത് ജീവന്റെ ഉത്പത്തിയാണ് അവിടെ മൂന്നാണ് ജന്മം ആരംഭിക്കുന്നു എന്നിട്ട് അതിൽ തുടരുന്നു സ്ഥിതി ജാഗ്രത അവസാനിക്കുന്നു ലയം മരണം ജാഗ്രതത്തിലേക്ക് വരുന്നത് ഉത്പത്തി ജാഗ്രത്തിൽ തുടരുന്നത് സ്ഥിതി ജാഗ്രത അവസാനിക്കുന്നതിലും മറിച്ച് തന്റെ ജന്മം തന്റെ ഉത്പത്തി എന്ന് പറയുന്ന എന്താ തന്റെ ഉത്പത്തി ബുദ്ധി കൊണ്ട് നിർണ്ണയിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് എവിടെ തന്റെ ഉത്പത്തി ആരംഭിച്ചു താൻ ജനിച്ചപ്പുറത്ത് പറയാൻ പറ്റൂല്ല താൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ താൻ ഉൽപ്പന്നനായി ഗർഭത്തിൽ തന്നെ ഉൽപ്പന്നനായി ഇനി അതിനു മുമ്പ് ബീജത്തിൽ തന്നെ ഉത്പന്നനായി അവിടെയെല്ലാം തൻ ശരീരത്തോടു കൂടി ആയിരുന്നു ശരീരത്തിന്റെ രൂപത്തിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ ഇവിടെ താൻ ഉത്പന്നനായത് നമ്മളൊരു ഒഴുക്കം മട്ടിൽ പറയും ജനിച്ചത് പോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതിന് തത്വചിന്തയിലൊരു സ്ഥാനമില്ല ശരീരം ധരിച്ചതാണ് ഉത്പത്തി അതിന്നും നിർണ്ണയിക്കാൻ പോയാ അതനാദിയാണ് ശരിക്കും ഉത്പത്തി അതിൽ തന്നെ ബോധം ജനനത്തിൽ ബോധമുണ്ടോ ഇല്ല ഇതാ ഞാൻ ജനിച്ചിരിക്കുന്നു ആരെങ്കിലും അറിയുന്നുമില്ല ശൈശവത്തിൽ ബോധമില്ല തൻ്റെ ജനനത്തെ താൻ തിരിച്ചറിയുന്നതന്നെ എത്രയും വൈകിയാണ് ഞാൻ ജനിച്ചിരിക്കുന്നു എന്നറിയുന്നു അവിടെയൊന്നും തന്റെ ഉത്പത്തി സ്ഥിതി സംബന്ധിച്ചുള്ള ബോധം പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാ ഈ ശരീരത്തെ സ്വീകരിക്കുന്നത് അണുത്പത്തി എന്ന് പറയുന്നത് ഗൗണമായിട്ടാണ് ഉത്പത്തി നിശ്ചയിക്കാൻ കഴിയത്തില്ല അത് അനാദിയാണ് ശരീരങ്ങൾ മാറി മാറി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അത്രയും ശരീരത്തിന്റെ രൂപങ്ങൾ തന്നെ ഈ ശരീരത്തിൽ വന്നിട്ട് തന്നെ ഈ ശരീരത്തിന്റെ രൂപഭാവങ്ങൾ തന്നെ ഒരുപാട് മാറ്റം സംഭവിച്ചു അത്തരത്തിലാണെങ്കിലും ഓരോ ക്ഷണവും ഉത്പത്തി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിന്റെ പരിണാമം എന്ന് പറയുന്നത് എന്താണ് നാശവും പുനഃസൃഷ്ടിയുമാണ് ഇവിടെ എവിടെയാണ് ഉത്പത്തി തലപോഞ്ഞ ആലോചിച്ചാലും പിടികിട്ടില്ല ഇപ്പൊ ശരിയായ ഉത്പത്തി എവിടെയാണ് ഈ ജാഗ്രത ഇവിടെ തന്നെയാണ് സ്ഥിതി ഇവിടെ തന്നെ ലയോ സംഭവിക്കുന്നത് പക്ഷെ ഇവിടെ യഥാത്മതാം ന ജഹതി ഇവിടെ ഏതൊരു സ്വരൂപത്തെയാണോ നമുക്ക് വിടാൻ കഴിയാതിരിക്കുന്നത് ഇതെന്നെ സംബന്ധിച്ചല്ലേ ഇത് തന്നെയാണ് സർവ്വപ്രാണികളെ സംബന്ധിച്ചും അത് പറയുന്നു ഭൂതാനി സർവപ്രാണികളെ സംബന്ധിച്ച് ഇതാണ് സ്ഥിതി എന്താണ് ഉത്പത്തിസ്ഥിതി ലയകാലങ്ങളിൽ സ്വസ്വരൂപത്തെ അതിന് വിടാൻ കഴിയുന്നില്ല സ്വരൂപമാണ് ഇതിനോട് താതർമ്യപ്പെട്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് വിടാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് സർവം ഇതം ബ്രഹ്മ ഈ സർവ ബ്രഹ്മം തന്നെ ഈ കാണുന്നതെല്ലാം പരമാർത്ഥമായ സത്യം തന്നെ അതിൻ്റെ ഇവിടെ പറയുന്നത് സൃഷ്ടിക്ക് സ്വസ്വരൂപത്തെ വിട്ടു നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉത്പത്തിസ്ഥിതിലായ കാലങ്ങളിൽ ഈ സൃഷ്ടിക്ക് സുസ്വരൂപത്തെ വിട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാം അഗ്നിക്ക് ഒരിക്കലും പ്രകാശത്തെ വിട്ട് നിലനിൽക്കാൻ കഴിയില്ല അഗ്നിക്ക് ഒരിക്കലും ഉഷ്ണത്തെ വിട്ട് നിലനിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം അഗ്നിയാ ഉഷ്ണം തന്നെ പ്രകാശം തന്നെ അതല്ല വേറെ എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുന്ന ഈ കാലത്ത് ഒരു പ്രാണികൾക്കും ഒരു വസ്തുവിനും അതിന്റെ സ്വരൂപത്തെ വിട്ട് നിലനിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇതെല്ലാം അത് തന്നെയാണ് സർവംഖലിതം ബ്രഹ്മ ഇതെന്നാ പരമാർത്ഥ സത്യം തന്നെയാണ് അവിടെ പിന്നെ വേർതിരിക്കാൻ വയ്യ ഇത് സത്യം ഇന്നത് മിഥ്യ അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്നു ഇത് സ്വർണം ഇത് ആഭരണം എന്ന് വേദതിരിക്കാൻ കഴിയാത്തതുപോലെ ഇത് മണ്ണ് ഇത് മൺപാത്രം എന്ന് വേർതിരിക്കാൻ കഴിയാത്തതുപോലെ അതാണ് ഇവിടെ പറയുന്നത് ഉത്പത്തിസ്ഥിതിയിലെ കാലേഷി യഥാത്മത ജീ ഭൂതാനി ശങ്കരാചാര്യര് മിഥ്യ അല്ലെങ്കിൽ മിഥ്യാവാദം എന്നെല്ലാം പറയുമ്പോൾ നമ്മളതിനെ ഭ്രാന്തമായി ധരിച്ചിട്ടാണ് അതിനെ ആക്ഷേപിക്കുന്നത് അതെല്ലാം മിഥ്യയാണോ സംബന്ധമാണോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അതിന്റെ താല്പര്യം മനസ്സിലാക്കുന്നത് അതാണ് ആ പറയുന്നതിന്റെ താല്പര്യം എന്താണ് മിഥ്യാണെന്ന് പറയുന്നതിന്റെ താല്പര്യം ഇത് സത്യമാണെന്ന് ബോധിപ്പിക്കുക മിഥ്യാണെന്ന് കേട്ടപ്പോ എന്ത് വിഭ്രാന്തിയാണോ നമ്മുടെ മനസ്സിലുണ്ടായത് അതിനെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല ഇതെല്ലാം ഏകമായ പരമാർത്ഥ സത്യം തന്നെ എന്തുകൊണ്ട് യഥാത്മതം ന ജഹതി ഇതിനൊന്നിനും ഈ സൃഷ്ടിക്കൊന്നിനും തന്നെ സ്വരൂപത്തെ ധരിക്കാൻ കഴിയുന്നില്ല ഭൂതാനി തതേത ബ്രഹ്മണോ ലക്ഷണോ അങ്ങനെയാണ് ബ്രഹ്മത്തെ അറിയേണ്ടത് ലക്ഷണം പ്രമാണാഭ്യം വസ്തുസിദ്ധി ലക്ഷണം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ അറിയണം അജ്ഞാന സംശയ ഭ്രഹ്മ കൂടാതെ അറിയണം നമ്മളറിയുന്നുണ്ട് എല്ലാ വസ്തുക്കളും പക്ഷെ അവിടെയെല്ലാം അജ്ഞാന സംശയ ഭ്രമം കടന്നു വന്നിരിക്കുന്നു ലക്ഷണം ബോധിപ്പിക്കുന്നത് അങ്ങനെയാണ് അതിന്റെ പ്രയോജനം അതാണ് അജ്ഞാന സംശയ ഭ്രമങ്ങൾ കൂടാതെ അതിനെ അറിയുന്നു അങ്ങനെ അറിയാൻ വേണ്ടി ലക്ഷണത്തെ എങ്ങനെ ബോധിപ്പിക്കുന്നു ഇതെല്ലാം തത് സ്വരൂപം തന്നെ എന്നിട്ട് പറയുന്ന എന്താണത് ഇതെല്ലാം അതാണെങ്കിൽ നീയും അത് തന്നെ തത്ത്വസിക്ക് അത്രയും അർത്ഥമാണ് തത് ഇതെല്ലാം ആ തത്താണ് അങ്ങനെയാണെങ്കിൽ തും നീയും അത് തന്നെ ആ തത്താണ് അതെ ലളിതമായി അത് മനസ്സിലാക്കാം തത് ബ്രഹ്മ അതാണ് ബ്രഹ്മം ഇതിനാണ് ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിപ്പിക്കുന്നൊക്കെ പറയും അങ്ങനെ എല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും ജീവാത്മ പരമാത്മ ഏകത്വത്തെ ബോധിക്കും എന്താ അതിത്രേ ഉള്ളൂ വിജിജ്ഞാസസ്വ അതിനെ നീ വിശേഷിച്ചറിയൂ സ്വ അനുഭവമാക്കൂ അപരോക്ഷമായി അറിയൂ പ്രത്യക്ഷമായി അറിയൂ അതിനുള്ള അജ്ഞാന സംശയകാര്യങ്ങളെ ദൂരീകരിച്ച് വിശേഷമായി അതിനറിയു എന്തൊക്കെയാണോ ഇപ്പോ ആ അറിവിന് തടസ്സമായിരിക്കുന്നത് അതിനറിയൂ ഇതാണ് ഉപാസന എന്ന് പറയും ഇവിടെ ബ്രഹ്മവിദ്യ അവസാനിച്ചു ഭാഷകാലം പറഞ്ഞു ബ്രഹ്മവിദ്യ അവസാനിച്ചു തുളം കയണം ബ്രഹ്മവിദ്യ ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നാൽ ബ്രഹ്മവിദ്യയെക്കുറിച്ച് സംബന്ധിച്ച് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു പക്ഷെ ബോധിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെയും മനനം ചെയ്യാം ഇവിടെ എന്ന് പറയുന്ന മനനം തന്നെ ലക്ഷണം ബ്രഹ്മ അത് തത് അന്നാദിദ്വാരണ പ്രതിബദ്ധസ്വ ഇവിടെ പറഞ്ഞു അന്നം പ്രാണം ജക്ഷ ശ്രോത്രം മന വാറ്റം എന്നെല്ലാം പറയുന്നത് മനനത്തിലൂടെ ഇതിനറിയുന്നതിനുള്ള ഉപായങ്ങളാണ് ആത്മജ്ഞാനത്തിന് എന്തു ഉപായമാണ് എന്നാണ് നമ്മൾ ധരിക്കുന്നത് ബ്രഹ്മസൂത്രം തന്നെ വേണമെന്നുണ്ട് എന്തിനെ ഉപായമാക്കാം ശങ്കരാചാര്യന് തന്നെ ഇങ്ങോട്ട് വന്നിറങ്ങി ബോധിപ്പിച്ചാലേ ബോധിക്കും എന്നൊന്നുമില്ല തന്റെ കാണുന്ന എന്തിനേയും അതിൻ്റെ ഉപായമാക്കി മാറ്റേതും അതിന് ഉപായമാണ് എല്ലാം അതിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത് പറഞ്ഞല്ലോ സർവേ വേദമാർ പദാന്തി സർവവും അതിനെ തന്നെ ബോധിപ്പിക്കുന്നു അപ്പൊ ഇന്നത് തന്നെ വേണമെന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ട് ശ്രുത്യന്തരഞ്ചാര്യം പറയുന്ന കേൾക്കുമ്പോ കേൾക്കുന്നവനറിയണം ശ്രോത്രത്തിന്റെ ശ്രോത്രം ഇത് തന്നെ കേനുപുരുഷത്തിനും അന്നസി അന്നം ഈ അന്നത്തിന്റെ അന്നമായിരിക്കുന്നവൻ ഈ അന്നത്തെ അധിക്കുന്നവൻ ഇങ്ങനെ മനസ്സിന്റെ മനസ്സായിരിക്കുന്നവൻ അതിനെയൊക്കെ ആരാണോ അറിയുന്നത് അവർ ഈ ബ്രഹ്മത്തെ അറിയുന്നു നിജിക്കുഹു യാതൊരു സംശയവും കൂടാതെ സ്വസ്വരൂപമായി ബ്രഹ്മ പുരാണം അഗ്രം മുമ്പുണ്ടായിരുന്നു ഈ സൃഷ്ടി ഇങ്ങനെ പ്രകടമാകുന്നതിന് മുമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് പുരാണനാണ് ഈ ശരീരത്തിൽ ഈ ജാഗ്രസ്വപ്നം ഉള്ളപ്പോൾ ഇനി അതില്ലാതിരിക്കുമ്പോൾ അത് ഇല്ലാതിരുന്നാലും അങ്ങനെയുള്ള ബ്രഹ്മത്തെ അറിയുന്നു ഇത് ബ്രഹ്മോപലബ്ധു ദ്വാരാണ് ഏതാനീതി ദർശയിൽ ഇതെല്ലാം ഇവിടെ ഒരു നാലഞ്ച് വാക്കുകൾ പറഞ്ഞതേ ഉള്ളൂ സർവവും പ്രപഞ്ചം ആകവേ ബ്രഹ്മോപലബ്ധിക്ക് ഉപായമാണ് എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് അതുപദേശിക്കുന്ന ഇവിടെ പിതാവ് ഗുരുവിന്റെ സ്ഥാനത്ത് പുത്രൻ ഉപദേശിക്കും മന്നനത്തിന് ഇതെല്ലാം സഹായിക്കും സഭൃഗു ബ്രഹ്മോപലബ്ധി ദ്വാരാണി ബ്രഹ്മലക്ഷണ ഇതെല്ലാം കേട്ടതെല്ലാം മനസ്സിലായി എന്തൊക്കെ ബ്രഹ്മവുലബ്ധിദ്വാരാണി ബ്രഹ്മജ്ഞാനത്തിലുള്ള ഉപായങ്ങൾ ബ്രഹ്മലക്ഷണം യദോ ഇമാനി ഭൂതാന് ജായുന്ദേ ഇതെല്ലാം കേട്ടു ഇവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു തപ ബ്രഹ്മി സാധനത്വന അതപ്യത കേട്ടു എന്നു പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം അറിഞ്ഞു എന്നാണ് സർവത്ര എവിടെയാലും കേട്ടു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അറിഞ്ഞു എന്ന് തന്നെയാണ് നീ ആ വാർത്ത കേട്ടോ ചോദിച്ചാൽ നീ ആ വാർത്ത അറിഞ്ഞു എന്നാണ് കേട്ടു എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം തന്നെയാണ് ഞാനത് അറിഞ്ഞു പക്ഷെ അവിടെ പറയും ഞാൻ കേട്ടു പക്ഷെ ശരിയായി കേട്ടില്ല കേൾവി ശരിയായി എന്നല്ല ശരിയായി അറിഞ്ഞില്ല ഇവിടെ കേൾവി ശരിയായി പക്ഷെ അറിവ് ശരിയായില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അതപ്യത തപ്തവാ തപസ് അനുഷ്ഠിച്ചു പുനഃ അനുപദൃഷ്ട ശിവ തപസഹ സാധനത്വ പ്രതിപത്തി ഭൃഗുഹു അന്നാദി ബ്രഹ്മണ പ്രതിപത്ത് ദ്വാരം ലക്ഷണം ഭൂതാരി സാവശേഷം ഹി തത് സാക്ഷാ ബ്രഹ്മണോ അനിർദേശ ഇവിടെ എന്തുകൊണ്ടാണ് തപസ് അനുഷ്ഠിച്ചത് കേട്ടവന് ഇനിയും തപസ്സിന്റെ ആവശ്യം കൊണ്ടെന്ന് എന്തുകൊണ്ട് തോന്നി എന്നാണ് പറഞ്ഞു ഇവിടെ പുത്രൻ ുദ്ധിമാനാണ് ഉപദേശത്തിനൊരു അപൂർണത ഒരു പോരായ്മ സാവശേഷണ ഉക്തം എന്നാണ് പറയാൻ എന്തൊക്കെയോ അവശേഷിപ്പിച്ചിട്ട് പറഞ്ഞു അതാണ് സാവശേഷണ ഉക്തി എന്ന് പറയുന്നത് സാധനം പറയാറില്ലേ വിരമിച്ചു എന്നൊക്കെ പറയുന്നു അതെന്താ അങ്ങനെ പറഞ്ഞത് ഇതാണ് ബ്രഹ്മം എന്ന് പറഞ്ഞില്ല മറിച്ച് പറഞ്ഞു എവിടെ നിന്നാണോ അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ ഏതൊരവസ്ഥയിൽ നിന്നാണോ ഇതെല്ലാം പ്രകടമായതാ എന്നിങ്ങനെ പറഞ്ഞു അത് ഏതാ അത് അങ്ങനെ പറഞ്ഞ കാര്യം മനസ്സിലാവും നീ എവിടെ നിന്ന് വന്നു എവിടെ നിന്നാണോ അവിടെ എന്ന് പറഞ്ഞ കാര്യം മനസ്സിലാവും സാവശേഷം അത് കൊല്ലമാണെന്നോ കൊച്ചിയാണോന്നോ എന്നൊന്നും പറഞ്ഞില്ല അവൻ എവിടെ നിന്നു എവിടെ നിന്നാണോ അവിടെ നിന്നു അതുപോലെ അതാണ് സാവശേഷ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ബുദ്ധിമാനായ ജിജ്ഞാസുവായ ഭൃഗുവെന്ന് തോന്നി ഇത് കുറച്ചുകൂടി ആലോചിക്കേണ്ട കാര്യമാണ് ഇത് കുറച്ചുകൂടി ചിന്തിക്കേണ്ട കാര്യമാണ് അങ്ങനെ ചിന്തിക്കുക ആലോചിക്കുക